ൂറ കാ അളവറ്റ അരുളളനും നികരറ്റ അൻപടയുമാകിയ അല്ലാഹുവരായി തോന്നുക ഇക്കുറാൻ മീതു സത്യമാരു അവ അച്ചമൂട്ടി എച്ചും ഒരു വന്നതായി പറ്റി അവർ ആശ്ചര്യപ്പെടുന്ന ആകെ നിരാകരിപ്പവർ കൂടുതൽ ഇത് ഓർ ആശ്ചര്യമായ വിഷയമേ ആകും മണ്ണാക്കിവിട്ടാലും ഉയർ കൊടുത്ത് എഴുപ്പപ്പെടുവോ ഇപ്പടി മീൾവു സാധ്യമില്ലാത്ത തൊളവാനത് എന്നും അവർ കൂടു കാര്യ മരണത്തിന് പിൻ അവൾ ഉടലെ ഭൂമി എന്താ കുറത്തോ അതെ തട്ടു നാം അറിവ് നമ്മുടെ യാവും പതിക്കപ്പെട്ട പാതുക്കപ്പെട്ടത് സത്യവേദത്തെ അത് തമ്മടം വന്നപോപ്പിക്ക മുടുകൾ ആങ്ങളെയേ പെരും കുഴപ്പമാണ് അവർക്ക് വാനത്തെ നാം എട്ടക്കോപ്പ അമിത്ത് അഴകു ചെയ്തു എവിധ വെടിപ്പുകളും ഇല്ലാമെടുക്കുന്നോം എന്നി വ്രിവാക്കി അതിൽ ഉറദിയാണ് മലകളെ അമിത്തുള്ള ുള്ള ജോഡിയാ മുളപ്പിക്കും ഇത് ഇറവൻ പക്കം തടിയോക്കും അകപ്പാർവ്വെന്നും അങ്ങനെയും വാനത്തിലിരുന്ന് മിക്ക ബാഗ്യമുള്ള തന്നീരെയും ഇറക്കി വെച്ച് അതെ കൊണ്ട് തോട്ടങ്ങളെയും അറുപടും ധാന്യങ്ങളെയും മുളപ്പിക്കോ അടുക്കടുക്കാൻ പാളകളെ കൊണ്ടേ കുളകളെ ഉടയ നെടിയ പേരീച്ച മരങ്ങളെയും ഉണ്ടാക്കി അവനികളെ അടിയാർഗ്ഗ ഉണവിക്കോണ്ട് ഇറങ്ങ ഊറെ ഭൂമിയെ നാം ഉയർപ്പിക്കോ ഇവവിധമേ ഇറന്നവർ ഉയർപ്പിക്കപ്പെട്ട നാം വെളിയേറ്റതലും ഇരുക്ക ഇവർക്ക് മുൻ ഇരുന്ന നൂ ഉടയ സമൂഹത്താ കിണറ്റവാസികളും സമൂത് മക്കളും ഇവറെ മറമയെ മറത്താൽ ആ സമൂഹത്തും സഹോദരും മറത്തോ അവ മദ്യൻ തോപ്പ് വാസികളും കൂട്ടത്താൽ ഇവർ ആക എല്ലോ നം തൂത മുട്ട അവ എച്ച എല്ലാവരെയും നാം മുതലാവ പഠപ്പതിൽ നാം ചോർവടെ എനും ഇക്കാപ്രാണവർ നാം പുതിയ പഠപ്പതേണ്ടി നാം മനുതന പഠിത്തോ അവൻ മനം അവനം എന്നുള്ള ഉയർ നരമ്പ നാം അവനുക്ക് സമീപമാകേക്കി മനുതനീർ വലപ്പുറത്തിലും ഇടപുറത്തിലും അമർന്ന് എടുത്ത് എഴുതും ഇരു വാണവർ എടുത്ത് എഴുതും അവനടം എഴുന്ന തയറാ പോലും കൺ കാാണിപ്പാർ ഒരു ഇല്ലാതെ അവൻ എന്തൊല്ലും മൊഴിവതില്ല മരണ വേദന സത്യത്തെ കൊണ്ട് മെയ്യാകേ വരുക അപ്പോൾ അവനം നീ എതൈവിട്ടും വരണ്ടോടിക്കൊണ്ടിരുന്നായോ അത് താൻ ഇറപ്പെടും സൂ എക്കാലം ഊറപ്പെടും അത് താൻ അച്ചുരുത്തി എച്ച നാളാകും അങ്ങും അന് നാളിൽ ഒവ് ആൻമും തന്നെ അഴത്ത് വരുമ്പോൾ സാക്ഷിയാളർ ആകിയോരുടെ വരും നീ ഇപ്പറ്റി അലക്ഷ്യത്തിൽ ഇപ്പോഴും ഉൻ പാർവയെ വിട്ട് അത്തരെയും അകറ്റിവിട്ടോ ഇന്ന് ഉൻ പാർവ്വലു ഇരുപ്പവർ മലക്ക് ഇതോ ഇമിതനും ഏട് എന്നിടം സിത്തു കൂടുവർ മനമുരണ്ടാ നിരാകരിച്ച് കൊണ്ടിരുന്നോർ എല്ലോരെയും ഇരുവരും നരകിൽ പോടുങ്ങൾ അവൻ നന്മയെ തടുത്തക്കൊണ്ടേ ഇപ്പി സന്തേഹിപ്പവനാ വരമ്പു കൊണ്ടും ഇന്ന അവൻ അല്ലാഹുടൻ വേറൊരു നായനെ ഏർപ്പെടുത്തിനാകെ ഇരുവരും ഇവനെ മിക കടുമയയിൽ പോട്ടുവിടുങ്ങും കൂടപ്പെടും അപ്പോൾ ക്ഷേത്താനായി അവട്ടാളി കൂടുവാന് എങ്കിൽ നാം ഇവനെ വഴിവിടുക്കില്ല ആൾക്കാർ അവനേ ദൂരമായ വഴികേട്ടിലാണ് വാദം ചെയ്യാതീ പറ്റി അടുത്തേൻ്റെ അല്ലാ കൂടുവേണ്ട അച്ചൊൽ എന്നിടത്തിൽ മാറ്റപ്പെടുവില്ല അടിയാർഗ്ഗ അനുയായം ചെയ്യവൻ അല്ലും അല്ലാ കൂടുവാന് നരകത്തെ നോക്കി നീ നിറഞ്ഞ വിട്ടായാൻ നാം കേട്ടു അതൊക്കെ അത് അയമെട്ടി ഉടയവർക്ക് നിലയിൽ മികവു സമീപമാക്കപ്പെടും ഇത് ഉണ്ടാക്കി വാക്കിക്കപ്പെട്ടതാണ് എപ്പോഴും ഇറവനെയേ നോക്കി പാവത്തെ തവർത്ത് നടന്ന ഒരവർക്കും ഇത് ഉറിയത് എവൾ മറവിലും അറ്രഹ്മാനെ അവനെയേ മുറ്റിലും നോക്കിയ ഇളയത്തുടൻ വരുവോക്ക് ഇത് ഉലിത്താകും പ്രവേശിയുണ്ട് ഇത് നിശയും അവർ വരും അതിൽ അവർ ഇന്നും അവർക്ക് അധികമും നമ്മുടെ അഞ്ചെയും നിരകരി പോരാണ് അവശാലികളായി എത്തനെയോ തലമുറയായി അവർ നാം അഴിത്തോ അവ പല ഊറുകളിലും തുളത്തിച്ച ആപ്പിച്ച് കൊള്ള പും എവർക്ക് നല്ല ഇതയം അല്ലെ എവർ ഓർമ്മയുടൻത്തി അത്ത നിശ്ചയമാതിൽ നില ഉരുത്തലും പഠിപ്പിനും ഇരിക്കും നിശ്ചയമാ നാം താനങ്ങളെയും ഭൂമിയെയും അവ ഇരണ്ടും ഇടയേ ഉള്ളവരെയും ആറ് നാടുകളിൽ പഠിത്തോളം എത്തും നമ്മൾ തീണ്ടേ അവർ കൂടുവായി ഉദയത്തു മുൻ അത് അസ്തമിപ്പതരും ഉമ്മൻ പുഴ കൊണ്ട് നീർ തസ്പീസ് ചെയ്ും ഇരവിലിരുജൂതു പിന്നും അവനെ തസ്ബീസ് ചെയ്യുന്ന സമീപമാണ് ഇടത്തിലിരുന്ന് കൂവി അഴപ്പവർ അഴിക്ക് നാളെ പറ്റി നബിയേരി ഉമ്മയെ കൊണ്ട് ഒലിക്ക് പെരും ശബ്ദത്തെ അവർ കേൾക്കാൻ അത് മറിത്തോർ വെളിയേറും നാളും നിശ്ചയമാ നമേ ഉയർ കൊടുക്കരോ നാമേ മരിക്കുംപടി ചെയ്തോ അഞ്ചെയും നമ്മുടെ എല്ലോ മീണ്ടു വരവേണ്ടിയ്ക്കാർ ഭൂമി പിളർന്ന് അവർ വേഗമാരും നാൾ അത്താൻ യാവരെയും വിസാരണക്കാർ ഒന്ന് സേർക്കും നാൾ അത് നമുക്ക് മികവും എളിതാകും അവർ കൂടുവായി നാം നനു അറിവോ അവർ മീത് നിർബന്ധം ചെയ്വർ അല്ല ആകെ നം അച്ചുരുത്തപ്പെടുവോക്ക് ഇന്നുണ്ണെ കൊണ്ട് നല്ലുപദേശം ചെയീരാണ്